ഭാഷത്തിൽ തും കെചി അന്യത്ര അന്യധർമ്മധ്യാസിയവദി കൈചിത്തധ്യാസ തദ്വേക നിബന്ധനോ ഭ അന്യൈത് എത്രദ്യകൽപ്പഗക്ഷത്തി അയസ്യ അന്യധർമ്മസരോകാഹിരവഭാസേ തഥാത്തെ ലോക അനുഭവ ഭാഷ രജതവ ദാഷ്യ പുനഃ രജതം ഇതമിതി ശേഷം സുപ്തികാഹി ലോകരും പറയുന്നു സുപ്തികയാണ് രജതം പോലെ അനുഭവപ്പെടുന്നത് എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മുണ്ടായി ബ്രഹ്മത്തിന് ബാധ സംഭവിക്കും പറയുന്നത് ശക്തിക്കായി രജത കൊണ്ട് നമുക്ക് ശക്തി കയണി രജതം പോലെ തോന്നുന്നു ന പുന രജതം ഇതമില്ല പുന ഇതം രചിതം ഇതു രചിതമല്ല എന്ന് വിശേഷം എന്നനുഭവപ്പെടുന്നു അപ്പൊ അത് ബാധയ്ക്ക് ശേഷമുള്ള അനുഭവമാണ് ശ്യാദേമദേവത്ത് ോകസിമോ നൃഷ്ട്രാഷ്യം अन्या, അതിൻ്റെ ആമുഖമായി പറയാണ് അതായത് ഇതുവരെ ചർച്ച ചെയ്തത് ശക്തിയില ആ രജതം ആ രജതം എന്താണ് അനർജനീയഖ്യാതിയാണ് അഥവാ ജതാഖ്യാതിയാണ് അഥവാ വിജ്ഞാനമാണോ ശൂന്യമാണോ അതോ സത്യമാണോ ഇത്തരം കാര്യങ്ങൾ അതിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്ത് ഇപ്പൊ ചർച്ച ചെയ്യുന്നത് അതിന്റെ അധിഷ്ഠാനത്തെക്കുറിച്ച് ഭ്രമത്തിന്റെ അധിഷ്ഠാനം അതിനെക്കുറിച്ചാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ഇവിടെ പൂർവപക്ഷ പറയും ആത്മാവ് ആത്മാവ് അധിഷ്ഠാനമായതെങ്കിൽ അധ്യാസവും നടക്കട്ടെ ഇന്ന് കൂറുപക്ഷി പറയും അപ്പോ ഇവിടെ ആത്മാവാണ് അധ്യാസത്തിന്റെ അധിഷ്ഠാനം അത് സ്വയം പ്രകാശമാണ് ഇതാണ് സിദ്ധാന്തി പറഞ്ഞത് ആത്മാവ് അധ്യാസത്തിന് അധിഷ്ഠാനമാണെങ്കിൽ അത് സ്വയംപ്രകാശം ആയിരിക്കും എന്നാലും ആത്മാവ് സ്വയം പ്രകാശമാണ് എന്ന് അദ്വൈതി പറഞ്ഞാൽ അത് മറ്റുള്ളവർ അംഗീകരിക്കുന്നു നീ അംഗീകരിക്കുന്നവര് തന്നെ അദ്വൈതി പറയുന്ന രീതിയിലുള്ള അസ്വയം പ്രകാശം അംഗീകരിക്കുക അപ്പോ ആ വിഷയത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അന്യസ്യ അന്യത വിഭ്രമോ ലോകസിദ്ധ ഒന്ന് മറ്റൊന്നായി അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞു ലോകസിദ്ധമാണ് ശുക്തിരചിതമായിട്ട് അനുഭവപ്പെടുന്നു ഒന്ന് മറ്റൊന്നായി അനുഭവപ്പെടുന്നു അന്യസ്യ അന്യാത്മത ശുക്തിരചിതമായി അനുഭവപ്പെടുന്നത് വിഭ്രമ ലോകസിദ്ധമാണ് എല്ലാരും അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷേ ഏകസ്യത് അഭിന്നസ്യ ഭേദഭ്രമോദൃം ഒന്ന് തന്നെ ഒന്നിൽ തന്നെ ഭ്രമം ഉണ്ടാകും ഒന്ന് മറ്റൊന്നായി അനുഭവപ്പെടേണ്ടത് ശക്തിരഹിതമായും അനുഭവപ്പെടേണ്ട അദ്വീതത്തിലെന്താണ് ജീവൻ തന്നെയാണ് ബ്രഹ്മം ഒന്ന് ആ ബ്രഹ്മത്തിൽ ഒന്നായിരിക്കുന്ന ബ്രഹ്മത്തിൽ എങ്ങനെ ജീവഭ്രമം ഉണ്ടാവും പ്രപഞ്ചഭ്രമം ഉണ്ടാവും ഈ പറയുന്ന ഉദാഹരണങ്ങളെല്ലാം രണ്ടുണ്ട് അധിഷ്ഠാനം വേറെയാണ് ശുക്തി വേറെയാണ് രഹിത ബ്രഹ്മം വേറെയാണ് രണ്ടാണ് ഇവിടെ അങ്ങനെയുള്ള ഒന്നേ ഉള്ളൂ അപ്പൊ ഏകമായിരിക്കുന്ന ബ്രഹ്മത്തിൽ എങ്ങനെ ബ്രഹ്മം ഉണ്ടാവും അന്യസ്യ അന്യാത്മതാവിഭ്രമോ ഒന്ന് മറ്റൊന്നായി അനുഭവപ്പെടുക ലോകസിദ്ധമാണെന്ന് വെച്ചാൽ ലോകനംഗീകരിക്കുന്ന ലോകം എന്ന് വെച്ചാൽ ശാസ്ത്രജ്ഞന്മാരല്ലാത്തവർ ഏകസിത്വം അഭിന്നസ്യ വേദഭ്രമോ പക്ഷെ ഒന്ന് തന്നെ അഭിന്നമായിരിക്കുന്നെങ്കിൽ വേദഭ്രമ എന്നിഷ്ടോകത്ത് കാണാൻ കിട്ടത്തില്ല കുതശ്ചിതാത്മനോ അഭിന്നാനാം ജീവാനാം ഭേദബ്രഹ്മ ്രഹ്മത്തോട് അഭിന്നമായിരിക്കുന്ന ഈ ജീവന്മാർക്ക് ഭ്രമം അല്ലെങ്കിൽ ജീവഭ്രമം ഇതെങ്ങനെ സംഭവിക്കും രണ്ടില്ലല്ലോ അവിടെ അതാണ് കുറച്ച് ആത്മനോ അഭിന്നാനം ജീവാനാം ഭേദവിഭ്രമ അതിനാണ് ഭാഷ്യകാരൻ പറഞ്ഞത് ഭാഷ്യത്തിൽ ചന്ദ്രൻ ഏകനാണ് അവിടെ ദിത്വഭ്രാന് കണ്ണിൽ തിമിരവും പൂർണ്ണ ചന്ദ്രൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ രണ്ടായിട്ട് കാണും ചന്ദ്രം ഒന്നേ ഉള്ളൂ അതിൽ ഭേദപ്പെടണം രണ്ടില്ല അവിടെ അവിടെ രണ്ടാമത് കാണുന്നത് ചന്ദ്രനെ തന്നെയാണ് ശുക്തിയിൽ അങ്ങനെയല്ല ശുക്തിയിൽ രണ്ടാമത് കാണുന്നത് രജതത്തെയാണ് രജുവിൽ രണ്ടാമത് കാണുന്നത് മറ്റൊന്നാണ് സർപ്പമാണ് ഇവിടെ അങ്ങനെയല്ല ഏകനായ ചന്ദ്രൻ വീണ്ടും ചന്ദ്രനായി തന്നെ കാണുന്നു രണ്ടായി കാണുന്നു ഒന്ന് തന്നെ രണ്ടായി കാണും ഒന്ന് രണ്ടായി കാണുന്നു എന്നുള്ള അംശത്തിനാണ് ഈ ഉദാഹരണം ബ്രഹ്മത്തിൽ എങ്ങനെ ബ്രഹ്മം ഉണ്ടായി എന്നുള്ളതിനു രണ്ടായി കാണാൻ എന്നുള്ളതാണ് ചന്ദ്രനൊന്നാണ് തന്നെ രണ്ട് ചന്ദ്രനായി കാണുന്നു അതുകൊണ്ട് ബ്രഹ്മം എന്ത് ചെയ്യുന്നു വേഗമാണ് അതിൽ ്രഹ്മത്തോട് അഭിന്നമായിരിക്കുന്ന ജീവനും ഭ്രഹം ആ ഒരു അംശത്തിലാണ് ഉദാഹരണം അല്ല എല്ലാ അർത്ഥത്തിലും ഉണ്ട് കാരണം രണ്ടായി കാണുമ്പം തന്നെ രണ്ടായി കാണുന്ന മറ്റൊരിത്തം വേറെയുണ്ട് കാഴ്ചക്കാർ മൂന്നാമതൊരാളുടെയുണ്ട് അപ്പൊ ഒന്ന് രണ്ടാകുക അനുഭവപ്പെടുക എന്ന് വെച്ചാൽ അവിടെ മൂന്നാമത് കാഴ്ചക്കാലം വേണം ആ വിഭാഗത്തെ കുറിച്ചല്ല പറയുന്നു അതെങ്ങനെ സംഭവിച്ചു അവിടെ പറയുന്ന ആ ഒരു അംശം മാത്രം എന്താണ് ഒന്ന് രണ്ടായി അനുഭവപ്പെടാമോ അനുഭവപ്പെടാം അനുഭവപ്പെടുന്ന ആർക്കായിക്കൊള്ളട്ടെ പിന്നെ ഏകമായ ബ്രഹ്മം വന്ന് അവിടെയും ഭ്രമം വരുന്നു ഏകമായ ബ്രഹ്മം രണ്ടായി അനുഭവപ്പെടുന്നു അതിനാണ് ഇത് ഇങ്ങനെ ഒരു ഭർമ്മം ഉണ്ടാകണമെങ്കിൽ ഒന്ന് രണ്ടായി അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ ആ ഒന്ന് അനുഭവപ്പെടണം എന്നാലും ഒന്ന് രണ്ടായി അനുഭവപ്പെടുത്തണം എന്ന് വെച്ചാൽ ആത്മാവ് അതിന്റെ അനുഭവം ഉണ്ടാകും ആത്മാവിന്റെ അനുഭവം എങ്ങനെ ഉണ്ടാവും എന്നാണ് ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം വരുന്നത് ധർമ്മം ഉണ്ടാവണമെങ്കിൽ ആത്മാവ് ജ്ഞാനത്തിന് വിഷയമാകണം അറിയുക എന്ന് വെച്ചാൽ ജ്ഞാനത്തിന് വിഷയമാവുകയാണ് പുസ്തകത്തെ അറിയുന്നു എന്ന് പറഞ്ഞാൽ പുസ്തകം ജ്ഞാനത്തിന് വിഷയമാവുകയാണ് ആത്മാവിനെ അറിയുന്നു എന്ന് വെച്ചാൽ ആത്മാവ് അറിവിന് വിഷയമാവുകയാണ് അപ്പോ ആത്മാവ് അനുഭവപ്പെടുന്നു എന്ന് വെച്ചാൽ അറിവിന് വിഷയമാകുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം താർക്കികന്മാരും മറ്റും പറയും ആത്മാവ് അറിവിന് വിഷയമാകുന്നു എന്നാണ് താർക്കികന്മാർ പറയുന്നത് പിന്നെ അവര് പറയുന്നത് എന്താണ് ആത്മാവിനെ എടുക്കും സമേതജ്ഞാനം ആത്മാവ് സമവായ സംബന്ധത്തിലുണ്ടാകുന്ന ഞാൻ അതിന്റെ വിഷയം ആത്മാവുമാണ് കടജ്ഞാനം ഉണ്ടാകുമ്പോ അതാണ് സംഭവിക്കുന്നത് അപ്പൊ അതിന് ിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടുത്ത് പറയുന്നത് അവിടെ ആദ്യം ആത്മാവ് ഏകമായിരിക്കുന്ന ആത്മാവിൽ ഭ്രമം ഉണ്ടാവണമെങ്കിൽ ആത്മാവിന്റെ അനുഭവം ഉണ്ടാവണം അതെങ്ങനെ ആത്മാവിന്റെ അനുഭവം ഉണ്ടാകും ആത്മാവിനെ അങ്ങനെ പ്രകാശിക്കുന്ന ആണോ അല്ലയോ ഇത്തരം വിഷയങ്ങളാണ് അടുത്ത് ചർച്ച ചെയ്യുന്നത് പുനരവി ചിതാത്മിനി അധ്യാസം ആക്ഷിപണം ഇപ്പോ ഏകമായ ചിതാത്മാവിൽ അധ്യാസം ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തെ ഇവിടെ നിഷേധിക്കുന്നു ഏകമാത്മ പൂർവിച്ച ഏകമായ ആത്മാവിൽ അധ്യാസം ഉണ്ടാകത്തില്ല അതാണ് ചിതാത്മനി അധ്യാസം ആക്ഷിപിടുന്നത് ചിതാത്മാവിലുള്ള അധ്യാസത്തെ നിഷേധിക്കുന്നു സിദ്ധാന്തി പറയുന്ന ഏകമായ ചിതാത്മാവിലാണ് അധ്യാസം നടക്കുന്നത് ചിതാത്മാവിനാണ് ഈ ദേഹാത്മബുദ്ധി അധ്യാസം ഉണ്ടാവുന്നത് ചിതാത്മാവിനാണ് ഈ ഉണ്ടാവുന്നത് ഇതൊക്കെ ചിതാത്മാവിനാണ് അവിടെ അധ്യാസം നടക്കാവുന്നതാണ് സിദ്ധാന്തി ഊർവക്ഷ പറയുന്നത് അത് എങ്ങനെ ആദ്യം ഇതാണ് ചിതാത്മാവിന്റെ അധ്യാസം നടക്കുന്നുണ്ടെങ്കിൽ ചിതാത്മാവിന്റെ അനുഭവം ഉണ്ടോ ഈ അധ്യാസം നടക്കുമ്പോൾ അവിടെ ചിതാത്മാവ് അനുഭവപ്പെടുന്നുണ്ടോ അതാണ് ചിതാത്മാ പ്രകാശതേന വ്യം ചോദിക്കുന്നു ില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിതാത്മാവിന്റെ അനുഭവ അധ്യാസ അനുഭവം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ കഥ അധ്യാസോ വിഷയധർമ്മ അധ്യാസം നടക്കുമ്പോൾ ചിതാത്മാവിന്റെ അനുഭവം എങ്ങനെയാണ് ചിതാത്മാവൻ വിഷയങ്ങളുടെയും അതിന്റെ ധർമ്മങ്ങളുടെയും അധ്യാസം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദ്ദേഹം അതിന്റെ ധർമ്മങ്ങൾ ദേഹധർമ്മങ്ങൾ ഇതിന്റെയൊക്കെ അധ്യാസം എങ്ങനെ ചിതാത്മാവിൽ സംഭവിക്കും ആണു ചോദ്യം അധ്യാസം നടക്കുമ്പോ എന്തിന്റെ അനുഭവം ഉണ്ടാവണം ഉണ്ടായില്ലെങ്കിൽ അവിടെ അനുഭവം ഉണ്ടായില്ലെങ്കിൽ എന്ത് സംഭവിക്കും ശരീരത്തിന്റെയും ശരീരധർമ്മത്തിന്റെയും അധ്യാസം ഉണ്ടാവത്തില്ല പറയുന്നത് നചേത് പ്രകാശതയെ ചിതാത്മാവ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ കഥ എങ്ങനെയാണ് അസ്മിൻ അധ്യാസോർമ്മ വിഷയമായിരിക്കുന്ന ദേഹത്തിന്റെയോ അതിന്റെ ധർമ്മങ്ങളുടെയോ അധ്യാസോ എങ്ങനെ ആത്മാവിൽ സംഭവിക്കും ദേഹോഹം എന്നുള്ള ബുദ്ധിയുണ്ടാകത്തില്ല കൃശോഹം സ്ഥൂലോഹം അന്തോഹം ചിതാത്മാവിന്റെ അനുഭവം ഉണ്ടാവണം എന്ന് എന്താ ഇത്ര നിർബന്ധം അധ്യാസത്തിന് പറയുന്നു ഖലു അപ്രതിഭാസമാനേ പുരോവർത്തിനെ ദ്രവ്യേ രജതസിവാ തദ്ധർമാണോ സമാരോപ സംഭവത്തി ശുക്തിരഹിതജ്ഞാനം ഉണ്ടാകുമ്പോ ആ മുമ്പിൽ കിടക്കുന്ന ശുക്തിയെ ഹിതം എന്നറിഞ്ഞില്ലെങ്കിൽ ഇതം എന്നുള്ള ഒരു വൃത്തി അറിയും ശുക്തി ആ ശുക്തി അറിയാതിരുന്നു കഴിഞ്ഞാൽ ആ ശുക്തിയിൽ രഹിതാനുഭവമോ രഹിതത്വാനുഭവമോ ഒന്നും ഉണ്ടാവത്തില്ല അപ്പോ ഒരാള് ബ്രഹ്മസ്ഥലത്ത് ഒരാള് ഹിതം രജതം എന്ന അനുഭവം ഉണ്ടാവുമ്പോൾ ഹിതമെന്ന് പറഞ്ഞാൽ അറിയുന്ന എന്തിനാണ് ശുദ്ധിയെ ആ ശുക്തി അറിഞ്ഞാലേ അയാൾക്ക് രജത്ത അനുഭവം അല്ലെങ്കിൽ രജതത്ത അനുഭവം ഉണ്ടാകത്തുള്ളു അല്ലെങ്കിൽ ബ്രഹ്മം ഉണ്ടാവത്തില്ല അപ്പൊ ആത്മാവിൻ ശരീരബോധം ഉണ്ടാവണമെങ്കിൽ എവിടെയാണ് ഈ ശരീരബോധം ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ ആത്മാവിന്റെ അനുഭവം ഉണ്ടാവണം അധിഷ്ഠാന ജ്ഞാനം വേണം അതാണ് ഈ പറയുന്നതിന്റെ ഭ്രഹ്മലത്ത് ആ ഭ്രമ അനുഭവമുള്ള സമയത്ത് തന്നെ അധിഷ്ഠാന ജ്ഞാനം ഉണ്ടായാലേ ഭ്രമുണ്ടാവും അധിഷ്ഠാന ജ്ഞാനത്തേണ് അധിഷ്ഠാനത്തെയാണ് അയം ഇതം തുടങ്ങിയ ശബ്ദങ്ങളെ കൊണ്ട് പറയുന്ന അധിഷ്ഠാനത്തെയാണ് അതാണ് ഇവിടെ അതിഷ്ടാങ്ങൾ ഞാനില്ലെങ്കിൽ ഒന്നുണ്ടാകത്തില്ല അല്ല ു അപ്രതിഭാസമാനെ പുരോവർത്തേ പുവർത്തന ദ്രവ്യം മുമ്പിൽ വർത്തിക്കുന്ന ദ്രവ്യം എന്ന് വെച്ചാൽ ബ്രഹ്മത്തിന് ആധാരമായിരിക്കുന്ന വസ്തുവിന്റെ അപ്രതിഭാസമാനം അതിന്റെ അനുഭവം ഇല്ലെങ്കിൽ രഹസ്യവാത്ത ധർമാണാകുമ്പോൾ രഹതത്തിന്റെ അല്ലെങ്കിൽ രഹിതധർമ്മങ്ങളുടെ സമാരോപണ സംഭവം അതിന്റെ ീ പറയുന്നു അല്ല അവിടെ ശുക്തിയുടെ അനുഭവം ഉണ്ടാകുന്നു രജ്ജുവിന്റെ അനുഭവം ഉണ്ടാകുന്നു അതുപോലെ ഈ ആത്മാവിന് ദേഹത്തെയോ ദേഹധർമ്മത്തെയോ ആരോപിക്കുമ്പോൾ ആത്മാവിന്റെ അനുഭവം ഉണ്ടാകുന്നു എന്ന് പറയേണ്ടി വരും അധിഷ്ഠാനം ഞാൻ ഉണ്ടാകാതെ എന്തുണ്ടാകത്തില്ല അപ്പൊ ഇവിടെ എന്താണ് അധിഷ്ഠാനം ആത്മാ അതിന്റെ അനുഭവം ഉണ്ടാകുന്നു പറയുന്നു അതാണ് പ്രതിഭാസേവാ അധിഷ്ഠാനത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നത്താവതായ ആത്മാ ജഡോ ഘടാധിപത് പരാധീനപ്രകാശീത യുക്തം ഓ ശുതിയുടെ ജ്ഞാനം ഉണ്ടാകും എന്നുവെച്ചാൽ ശുദ്ധിജ്ഞാനത്തിന് വിഷയമാകും ശുക്തി എന്ന് പറയുന്നത് എന്തായി പരാധീന പ്രകാശം ജ്ഞാനത്തിന് അധീനമായാണ് ശുക്തിയുടെ അനുഭവം അപ്പൊ അത് ജഡമായി ശുക്തിയുടെ ജഡ് സർപ്പം ഭ്രാന്തി അവിടെ രജ്ജു രജ്ജു എന്ന് പറയുന്നത് എന്താണ് രജ്ജുവിന്റെ അനുഭവം ഉണ്ടാകുന്നത് ജ്ഞാനത്തിന് അധീനമായിട്ടാണ് രജ്ജു ജ്ഞാനമുള്ളതുകൊണ്ടാണ് എന്ത് വരുന്നത് രജ്ജുവിന്റെ ജ്ഞാനമുണ്ട് രജ്ജുവിന്റെ അനുഭവം എന്ന് പറയുന്നത് ജ്ഞാനാധീനമാണ് അപ്പൊ ജ്ഞാനാധീനമായി എന്താണോ അനുഭവപ്പെടുന്നത് അതെല്ലാം ജഡമാണ് ഇപ്പൊ ബ്രഹ്മസ്ഥലത്ത് ആത്മാവിന്റെ അനുഭവം ഉണ്ടെങ്കിൽ എന്ത്യേണ്ടിവരും ആത്മാവ് ഒരു ജ്ഞാനത്തിന് വിഷയമാകും അധീനമാകുമെന്ന് വെച്ചാൽ വിഷയമാകും ആത്മാവ് ജ്ഞാനത്തിന് വിഷയമായി കഴിഞ്ഞാൽ അതെന്ത് വരും കടപടാതികളെ പോലെ ജഡമാകും ആത്മാവിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റും അധ്യാസത്തെ അംഗീകരിക്കുന്ന സിദ്ധാന്തി ആത്മാവ് ജഡമാണെന്ന് പറയും ആത്മാവിന്റെ അനുഭവം ഉണ്ടെങ്കിൽ എന്ത് പറയേണ്ടി വരും എന്ന് പറയേണ്ടി കാരണം എന്താണോ അനുഭവത്തിന് വിഷയമാകുന്നത് ജഡമാണ് ആത്മാവിന്റെ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയമാത്മയ്യ ആത്മാ ജഡ ജഡമാണ് മറ്റു വസ്തുക്കളെ പോലെ അത് ജഡമാണ് പരാധീന പ്രകാശമാണ് മറ്റൊന്നിന് വിഷയമാകുന്നതാണ് ആത്മപ്രകാശം ഇത് ഇന്ന തവത് യുക്തം എന്ന് പറയാൻ പറ്റില്ല ആത്മാവിനെ സംബന്ധിച്ച് ആത്മാവ് ജഡമാണെന്ന് പറയാൻ ആത്മാവ് പ്രകാശിക്കുന്നുണ്ട് എന്ന് പറയേണ്ടി പക്ഷെ അത് ജഡമാണെന്ന് പറയാനും പറ്റത്തില്ല ന ഖ സേവ കർത്താജ കർമ്മ ഭതി വിരോധ ഇനി ആത്മാവ് തന്നെ ഒന്ന് സ്വയം കർത്താവും കർമ്മവും ആകത്തില്ല എന്നുവെച്ചാൽ ആത്മാവിനെ അറിയുന്നു ആരറിയുന്നു ആത്മാവ് അപ്പാത്മാവരായി കർത്താവായി ആത്മാവ് അറിയുന്നു ആരെ അറിയുന്നു അപ്പാത്മാവന്തായി കർമ്മവുമായി അപ്പൊ ആത്മാവിനെ സ്വയം കർത്താവെന്നും ആത്മാവിന് കർമ്മമൊന്നും പറയാൻ പറ്റില്ല അതായത് ധർമ്മം ഉണ്ടാകുമ്പോൾ ആത്മാവ് നെയ്യും അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആത്മാവിനെ അറിയാൻ ആത്മാവ് അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ അപ്പൊ ആത്മാവിനെ കർത്താവ് അറിയുന്ന കർത്താവ് വെച്ചറിയുന്നു ഇനി എന്തിനാ അറിയുന്നു ആത്മാവിനെ അപ്പൊ അതിന് കർമ്മവും അപ്പൊ ഒരേ വസ്തു അതിന് കർത്താവും കർമ്മവും ആകാൻ പറ്റും അതിനാകം എന്ന് പറഞ്ഞാണ് കർമ്മ കർത്തൃവിരോധം എന്ന് പറയുന്നത് അത് രണ്ടും ഒരിടത്ത് വരാൻ പറ്റില്ല കർമ്മം എന്ന് പറയുമ്പോൾ വ്യാകരണത്തിലെ കർത്ത കർമ്മം തന്നെ കർത്താവ് എന്ന് പറയുമ്പോഴും വ്യാകരണത്തിലെ കർത്താവ് തന്നെ കർമ്മവും ഒരിടത്ത് വരത്തില്ല അപ്പൊ ആത്മാവിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവിൽ തന്നെ കർത്താവും കർമ്മവും വരുന്നു എന്ന് പറയുന്ന ദോഷം വരും അതാണ് സൈവ കർത്താജ കർമ്മജോതി ആത്മാവ് തന്നെ കർത്താവും കർമ്മവും ആകത്തില്ല എന്തുകൊണ്ട് അങ്ങനെ വരുന്നതിൽ വിരോധമുണ്ട് കർത്താവും കർമ്മമാകുന്നതിൽ വിരോധമുണ്ട് എന്താണ് വിരോധം വരുന്നത് പരസംവേദക്രിയാതാണ് കർമ്മത്തിന്റെ ലക്ഷണം പരസംവേദി രാമ ഗ്രാമം ഗച്ചരി കർത്താവാരാണ് രാമനാണ് പരൻ ഗമനക്രിയ എന്ന് പറയുന്നത് എന്താണ് രാമൻ ലഭിക്കുന്നു അപ്പൊ പരസംവേദ ക്രിയ എന്ന് പറഞ്ഞാൽ എന്തായി രാമനിക്കുന്ന ഗമനക്രിയ രാമൻ ഇങ്ങനെ നടന്ന് കിടന്ന് പോവുകയാണ് ഗ്രാമത്തിലേക്ക് ഗ്രാമത്തിന് പുറത്ത് നിന്ന് ഒരു ഗ്രാമത്തിലേക്ക് പോവുകയാണ് രാമൻ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കും അതുവരെ എന്തുവരും രാമനിൽ ആ ക്രിയകളെന്ത് പറയുന്നത് പരസംവേദ ക്രിയെന്ന് പറയുന്നു ഭരണായി രാമനെടുക്കും ഇനി ക്രിയുടെ ഫലം എന്താണോ നോക്കുന്നത് ഈ ക്രിയയുടെ ഫലം എന്താണോ ഗ്രാമസമയോഗം രാമന്റെ ഗ്രാമസമയം ഈ രാമന്റെ ഗ്രാമസംയോഗം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും എന്താണ് രാമൻ ആ ഗ്രാമത്തിൽ കാലെടുത്ത് ചവിട്ടുന്നതാണ് രാമൻ ഗ്രാമത്തിൽ കാലെടുത്ത് ചവിട്ടും രാമൻ ഗ്രാമത്തിൽ കാലെടുത്ത് ചവിട്ടുമ്പോ എന്താ സംഭവിക്കുന്നത് ഗ്രാമ രാമഗ്രാമ സംയോഗം ഈ സംയോഗത്തിനോട് എന്തു പറയും അതിനെന്താ പറയുന്നത് അതാണ് ക്രിയാഫലം ക്രിയ എവിടെയിരിക്കുന്നു ഗ്രാമത്തില് ക്രിയുണ്ടാവും ഗ്രാമം ചലിക്കുന്നില്ല ചലനമാണ് ക്രിയ അത് രാമന് ക്രിയാഫലംന്ന് പറയുന്ന ഇപ്പൊ എന്തായി എന്ത് സംയോഗം രാമഗ്രാമസം ഇതാണ് ക്രിയാഫലം പിന്നെ ഈ ക്രിയാഫലം എവിടെയിരിക്കുന്നു രണ്ടിലായിരിക്കും കാരണം സംയോഗം ഉഭയനിഷ്ഠമാണ് സംയോഗമെന്ന് പറയുന്നത് ഉഭയനിഷ്ടമാണ് രാമനിലുമുണ്ട് ഗ്രാമത്തിലുമുണ്ട് അതിൽ ആ സംയോഗം ഗ്രാമത്തിൽ വരുമ്പോ ഗ്രാമം എന്താവും അപ്പോ രാമനിഷ്ഠമായ ക്രിയയുടെ ഫലമായിരിക്കുന്ന സംയോഗം ഗ്രാമത്തിൽ വരുമ്പോ ഗ്രാമം കർമ്മമായി ആ സംയോഗം വേറെ എവിടെയുണ്ട് രാമകർമ്മമാവോ എന്താ അത് ആ സംയോഗം ഉഭയനിഷ്ഠമായതുകൊണ്ട് അങ്ങനെ ഇരിക്കത്തുള്ളു പക്ഷെ ആ സംയോഗം ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞാൽ ഫലം ഗ്രാമത്തിൽ അതാണ് ഗ്രാമത്തിലെ കർമ്മത്വം ഇതിനുള്ള കർമ്മം എന്ന് പറയുന്നതാണ് പരസംവേദസം ക്രിയ ചെന്നേദ ക്രിയാഫലം എന്ന് വെച്ചാൽ ക്രിയാജന്യഫലം സംയോഗം ഫലശാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലവാണ് ഫലമുള്ളതായി ഗ്രാമം അതാണ് കർമ്മം എല്ലായിടത്തും കർമ്മത്തിന്റെ ഭക്ഷണമിങ്ങനെയാണ് അതുകൊണ്ട് എപ്പോഴും കർത്താവും കർമ്മവും വേറെ വേറെ തന്നെ ആയിരിക്കും ഒന്നാകത്തിൽ ആണ് പറയുന്നത് കർത്താവും കർമ്മവും ഒന്നാകത്തില്ലതാണ് വിനോദമാണ് കർമ്മ കർത്തൃവിരോധം എന്ന് പറയുന്നു ഒന്നാകാൻ പറ്റത്തി എപ്പോഴും ഉണ്ടായി പരസോവേദ ക്രിയാഫലശാലി കർമ്മ അപ്പൊ കർത്താവിൽ നിന്നും ഭിന്നമായിരിക്കണം കർമ്മം ജ്ഞാനക്രിയ പരസായനീതി പദമസ്യകർമ്മ ഇനി ഭ്രഹ്മസ്ഥലത്ത് ആത്മാവിന്റെ അനുഭവം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മാവിന്റെ അനുഭവം ആർക്കുണ്ടാവും ആത്മാവിന് കാരണം ആത്മാവിനാണ് ഭ്രമം നടക്കുന്നത് അപ്പോ ആത്മാവിന് തന്നെ ഭ്രമമുണ്ടാവണം അപ്പോ അവിടെ ഭ്രമമുണ്ടാവണമെങ്കിൽ അധിഷ്ഠാനം ഞാനെന്ന് അധിഷ്ഠാനം എന്താണ് ആത്മാവ് അതിന്റെ ജ്ഞാനം ഉണ്ടാവണം അത് ആത്മാവിന് തന്നെ ഉണ്ടാകണം അപ്പോ എന്തുവേണം ജ്ഞാനത്തിന് വിഷയമാകുന്നുണ്ടെങ്കിൽ അത് കർമ്മമാണ് കർമ്മമാണെങ്കിൽ പരസംവേദക്രിയാഫലശാലിത്വം ആത്മാവിനും കർമ്മത്തിൽ നിന്നും ഭിന്നമായിരിക്കുന്ന ഒന്നിലിടക്കുന്ന സ്ത്രീയു ഫലം ആത്മാവിന് വരണം കർമ്മമായിരിക്കുന്ന ആത്മ അതിൽ നിന്നും ഭിന്നമായി ഒന്നു കിടക്കുന്ന സ്ത്രീയ ആ സ്ത്രീയുടെ ഫലം ആത്മാവിന് വരുന്നു ഇവിടെ അങ്ങനെ വരുവാണ് ബ്രഹ്മസ്ഥലത്ത് ആത്മാവ് വിഷയമാവുന്നു എന്ന് നോക്കുന്നു അപ്പൊ ജ്ഞാനത്തിന് കർമ്മമാണ് വിഷയമാവുമ്പോൾ അത് ജ്ഞാനത്തിന് കർമ്മമാണ് അപ്പോൾ അവിടെ ആ കർമ്മമായിരിക്കുന്ന ആത്മാവിനും പരസോവേദ പ്രിയാഭരണശാലിത്വം വഴി നിൽക്കും സ്ക്രിയാറിയ ഞാനക്രിയ പരവെന്ന് പറയുന്നുകൊണ്ട് ഒരു ആത്മാവിനെ തന്നെ എടുക്കും അപ്പൊ സോ ആത്മാവിന് സോവാസം വന്നു ആ ജ്ഞാനക്രിയയുടെ ഫലം എന്താണ് ആത്മാവിഷയമാകും വിഷയത്തിൽ ആ ബലശാലി ആത്മാവാ ആത്മാവന്തുണ്ടാകുന്നില്ല എന്തുകൊണ്ടാകുന്നില്ല ഇവിടെ പരം ആയിട്ടൊന്നുമില്ല ആത്മാവെന്താ പരമായിട്ടിവിടെ ആത്മാവ് ഇവിടെ പറയുന്നത് ആത്മാവ് ബ്രഹ്മസ്ഥലത്ത് വിഷയമാകുന്നു അതുകൊണ്ടത് കർമ്മമാണെന്നു ജ്ഞാന വിഷയമായതുകൊണ്ടാണ് കർമ്മമാണ് ജ്ഞാന വിഷയമാണെങ്കിൽ ആ വിഷയത്തും ആത്മാവ് തരണം വരുന്നതാണ് അപ്പൊ ആത്മാവ് കർമ്മമാണ് അപ്പോ ഞാനെവിടെയിരിക്കണം എന്നുള്ള ചോദ്യം ചെയ്യും കാരണം ഇവിടെ വിഷയമാവുന്നത് വാർത്തായിരിക്കണം അപ്പൊ പരമായൊരാത്മാവുണ്ടോ ഞാനത്രയും ഇരിക്കാൻ കർമ്മമാകുന്ന ആത്മാവിൽ നിന്നും പരമായൊരാത്മാവ് ജ്ഞാനത്രീക്ക് ആശ്രയമായിട്ടുണ്ടോ അതിന് പരസോത ജ്ഞാനത്രീയ ജനഫലം ആത്മാവിൽ വരുന്ന വിഷയത്തും ആ ബലാശ്രയത്വം ആത്മാവിന് വരും ആത്മാവിന് കർമ്മത്വം വരത്തില്ല ആത്മാവ് ജ്ഞാനത്തിന് വിഷയമാകുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവ് കർമ്മക്കും വരും പക്ഷെ ഇവിടെ അങ്ങനെ വരാനൊരു വഴിയില്ല എന്നുള്ളത് ആത്മാവിന്റെ ബ്രഹ്മസ്ഥലത്ത് ആത്മാവിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ആത്മാവ് ജ്ഞാനത്തിന് വിഷയം ആകും ആത്മാവിന് ജ്ഞാന വിഷയത്വം വന്നാൽ അത് കർമ്മമാണ് അത് കർമ്മമാകുമെങ്കിൽ എന്ത് വേണം പരസംവേതക്രിയാഫലശാലിത്വം വേണം ആത്മാവിന് സമവായ സംബന്ധത്തിൽ ഒരു കയ്യ ജ്ഞാനത്തിൽ ആ ഞാനും സ്ത്രീയുടെ ഫലമെന്ന് പറയുന്നതാണ് വിഷയത്വം ആത്മാവിഷയമാവും ആ വിഷയത്വം ആത്മാവെന്ന് വന്നു കഴിഞ്ഞാൽ ആത്മാവ് കർമ്മത്വം വരും അങ്ങനെ കർമ്മത്വം അങ്ങനെയാണോ രാമനും ഗ്രാമവും രണ്ടായിരിക്കും രാമനും ഗ്രാമവും രണ്ടായിരുന്നാലേ രാമനിലിരിക്കുന്ന സ്ത്രീയുടെ ഗ്രാമസംയോഗം ഗ്രാമത്തില രണ്ടാത്മാവുണ്ടെങ്കിൽ എന്തൊരു ബ്രഹ്മസ്ഥലത്ത് ജ്ഞാനത്തിന് ആത്മാവ് വിഷയമാവുമ്പോ മറ്റൊരാത്മാവിലിരിക്കുന്ന ജ്ഞാന സ്ത്രീയുടെ ബലമായതായി ബലമുണ്ടായി എന്നാണ് വൈദ്യുതി പറഞ്ഞത് ഏ അനുഭവം എന്നാണോ എത്രയോ തവണ ഞാൻ പറഞ്ഞു അതാണ് ബലം എന്താണോ പറയുന്നത് എത്രവാണ് ഞാൻ എന്ത് ബലം ആ ചോദ്യത്തിന് മാത്രം ഇത്തരം പറഞ്ഞു ഏ പലതവണ ഞാൻ പറഞ്ഞിട്ടാ ചോദിച്ചു എന്താണ് ഫലം ഇവിടെ സമീപമുണ്ട് ഫലം എന്ന് പറയുന്നത് വിഷയത്വം ജ്ഞാന വിഷയത്വം എവിടെ വരണം ആത്മാവിന് വരണം വിഷയത്വം വന്നു കഴിഞ്ഞാൽ അതിന്റെ ക്രിയാജല്യ ഫല ആശ്രയത്വം എവിടെ വരും ആത്മാവിന് വരണം അങ്ങനെ വരണമെങ്കിൽ എന്തുവേണം കണ്ടത്മാവ് ഒരാത്മാവിൻ ഞാനക്രീക്കണം മറ്റൊരാത്മാവിൽ ഗമനത്തിൽ ഇരിക്കുന്നു ഫലം ഗ്രാമത്തിലാണ് ഫലം അങ്ങനെയാണെങ്കിൽ അതായത് കർത്താവും കർമ്മവും വേറെ വേറെ ആയിരുന്നാലും ഒന്നിൽ കർത്തൃത്വവും മറ്റൊന്നിൽ കർമ്മത്വവും വരും ക്രമസ്ഥലത്ത് ജ്ഞാനാ വിഷയമാവുകയാണെങ്കിൽ ജ്ഞാനത്തിൽ ഫലശാലിത്വം വരണം ഫലമെന്ന് പറയുന്നത് അപ്പോൾ വിഷയത്വം ജ്ഞാനത്തിൽ എന്തിന്റെ വിഷയത്വം ആത്മാവിന്റെ ഫലം ജ്ഞാനക്രിയാജന്യമായ ഫല സാരിത്വം പറയും ജ്ഞാനക്രിയാജന്യമായ ഫലത്തെ കൂടെ എന്ത് പറഞ്ഞത് വിഷയത്വം അത് വിഷയത്വം വന്നു കഴിഞ്ഞാൽ ആത്മാവെന്താവും വിഷയത്വം വന്നുകഴിഞ്ഞാൽ ആത്മാവെന്താ കർമ്മം ജ്ഞാനക്രിയാജന്യമായ വിഷയത്വമാകുന്ന പലശാലത്വം ആത്മാവെന്ന് വന്നു കഴിഞ്ഞാൽ ആത്മാവ് കർമ്മമാവും പക്ഷെ അവിടെ ചിന്തിക്കേണ്ട കാര്യം എങ്ങനെയാണോ ബ്രാഹ്മണന് ഗമനക്രിയുന്നത് അല്ലെങ്കിൽ ജ്ഞാനക്രിയ എവിടെയിരിക്കുന്നു എന്ന് ചിന്തിക്കണം ജ്ഞാനക്രിയയിരിക്കണമെങ്കിൽ എന്ത് വേണം വേറൊരു ആത്മാവ് അങ്ങനെ രണ്ടാത്മാവുമുണ്ട് ഏകമായ ബ്രഹ്മത്തിലാണ് ബ്രഹ്മം അതാണ് സിദ്ധാന്തം രണ്ടാത്മാവമായ ബ്രഹ്മത്തിലാണ് ബ്രഹ്മവു നമ്മൾ പറയുന്നത് ഫലസംവേദക്രിയാഫലശാലിഹി കർമ്മ എന്നുവെച്ചാൽ ജ്ഞാനക്രിയ പരസായനും ജ്ഞാനക്രിയ പറയുന്നു പര ല്ല പരവെന്ന് പറഞ്ഞാൽ എന്തോന്നു കർമ്മമായിരിക്കുന്ന ആത്മാവിൽ നിന്നും ഭിന്നമായൊരാത്മാവ് ആണ് പരവെന്ന് പറയുന്നത് അങ്ങനെ ഒരു ആത്മാവ് സ്വായ സംബന്ധിരിക്കുന്നത് അല്ല എന്ത് അങ്ങനെയുള്ള ഒരാത്മാവിൽ സ്വവായ സംബന്ധത്തിൽ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് ജ്ഞാനക്രിയ മറ്റൊരാത്മാവിൽ സമവായ സംബന്ധത്തിൽ ഇരിക്കുന്നതാണ് ഞാനക്രിയ ഒരാത്മാവേ ഉള്ളൂ അപ്പൊ പിന്നെ ഇങ്ങനെ മറ്റൊരാത്മാവിൽ ഞാനക്രിയ ജ്ഞാനക്രിയ പരസമായി ജ്ഞാനക്രിയ മറ്റൊരാത്മാവിൽ സമവായ സംബന്ധത്തിൽ ഇരിക്കുന്നില്ല അതുകൊണ്ട് കഥം അസ്യാം കർമ്മം അങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്നു അസ്യം ഈ ജ്ഞാനക്രിയയിൽ ആത്മാവിൽ എങ്ങനെ കർമ്മത്വം വരും എന്നുവെച്ച ജ്ഞാനക്രിയ ഒരാത്മാവിൽ ഇരുന്നാലേ മറ്റൊരാത്മാവിൻ ജ്ഞാനക്രിയാജന്യമായ ഫലമാകുന്ന വിഷയത്തുമരത്തോളം ഇവിടെ ഒരാത്മാവേ ഉള്ളൂ അപ്പോ ഈ ജ്ഞാനക്രിയയ്ക്കൊരു കർമ്മം വേണം എന്നേ സാമാന്യമായി പറഞ്ഞ എന്തിനാണോ അറിയുന്നതാവും കാരണം ഞാനത്രീക്ക് കർമ്മം വേണമെന്ന് പറഞ്ഞു അറിഞ്ഞോ എന്നാണ് കർമ്മം പക്ഷെ ജ്ഞാന സ്ത്രീക്ക് കർമ്മം വേണമെങ്കിൽ എന്ത് ചെയ്യണം ആ ജ്ഞാനക്രിയാജന്യമായിത്വം ഒരിടത്ത് വരണം വേറിടത്ത് ഞാനത്രീകരിക്കണം രണ്ടു ആത്മാവായിരിക്കണം ഒരിടത്തെന്തയിരിക്കണം ജ്ഞാനക്രിയാജന്യമായ ബലശാലിത്വം ഒരിടത്തിരിക്കണം അതെന്തായിരിക്കണം അതെന്തായിരിക്കും അവിടുത്തെ ഫലം എന്തായിരിക്കണം ബലം കർമ്മം വിഷയത്വമായിരിക്കണം വിഷയത്വമായിരിക്കണം ഫലം ആ ഫലം എവിടെയിരിക്കണം അത്മാവണം അങ്ങനെയിരിക്കണമെങ്കിൽ ഞാൻ സ്ത്രീയുടെ ആശ്രയമായിട്ടെന്ത് വേണം ഇതൊരു ആത്മാവ് അത് വേറെയായിരിക്കും ചെയ്തിരുന്നപ്പോൾ അങ്ങനെയായാലേ അങ്ങനെയൊന്നുമില്ലല്ലോ ദുഃഹിക്കണം അങ്ങനെയൊക്കെ വേണം എന്നാലേ ആത്മാവ് കർമ്മമാകും സംഭവം അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ളത് അതാണ് എന്താച്ച്ഞാനക്രിയ പരസ്രമമായി ഇനി ജ്ഞാനക്രിയ എന്ന് പറയുന്നത് ആത്മാവിൽ നിന്ന് ഭിന്നമായ അത് എന്തുമായി കൊള്ളട്ടെ ആത്മാവിൽ തന്നെ വേണമെന്നില്ല ഇല്ലെങ്കിൽ ശൂന്യമായി കൊള്ളട്ടെ എവിടെയെങ്കിലും ഒന്നിലതെന്ത് ചെയ്യണം സ്വായ സംബന്ധത്തിൽ ഇരുന്നുകഴിഞ്ഞാൽ ആത്മാവ് കർമ്മത്വം വരും അങ്ങനെ ഇരിക്കാത്തത് കൊണ്ട് കഥം അസ്യാം കർമ്മം കർമ്മ അതുകൊണ്ട് എന്താണ് ഈ ജ്ഞാനക്രിയാജന്യമായ ഫലശാലിത്വമായ കർമ്മത്വം ആത്മാവിൽ എങ്ങനെ വരും അസ്യാമെന്ന് പറയുന്നുണ്ട് എന്തിനാ എടുക്കുന്നത് ഏ അസ്യാവെന്ന് പറയുന്നത് എടുക്കുന്നു ഒരു ബോധവുമില്ല അസ്യാവെന്ന് പറയുന്ന സ്ത്രീലിംഗേശത്വമാണ് അസ്യ ജ്ഞാനക്രിയ എടുക്കണം വിഭക്തി നോക്കണം ആ ജ്ഞാനക്രിയയിൽ എങ്ങനെ കർമ്മത്വം വരുന്നു ദമനക്രിയയിൽ ഒരു കർമ്മത്വം വരുന്നു എന്നറിഞ്ഞാൽ ദമനക്രിയാല്യ ബലശാലിത്വം ഗ്രാമത്തിൽ വരുന്നു ജ്ഞാനക്രിയയിൽ സമ്പത്വം വരിക എന്ന് പറഞ്ഞാൽ എന്താണ് ജ്ഞാനക്രിയാജന്യമായ ഫലം വിഷയത്വം ആ വിഷയത്വം ഇവിടെ വരുന്നു ആത്മാവിൽ വരുന്നു അങ്ങനെയൊന്നും വരത്തില്ല ഇവിടെ രണ്ട് ആത്മാവിന്റെ അങ്ങനെ വരണമെങ്കിൽ എന്ത് വേണം ഇനി അങ്ങനെ ഒരാൾ പറയണല്ല അങ്ങനെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് തന്നെ എന്തായിരിക്കുന്ന രണ്ടായിരിക്കണം ഒന്ന് കർമ്മമായ ആത്മാവും മറ്റൊന്ന് കർത്താവായ ആത്മാവ് ക്രിയകരിക്കുന്നു വെച്ചാൽ കർത്താവ് അങ്ങനെയാണോ ചൈത്രനും ഗ്രാമവും വേറെ വേറെ അതുപോലെ ഓരോ ആത്മാവും കർമ്മമായിരിക്കണം മറ്റൊരാത്മാവ് കർത്താവ് അത് സംഭവിക്കില്ല എന്തുകൊണ്ട് നജ തതൈവ സ്വംച പരംച ഒന്ന് തന്നെ താനായിരിക്കുക മറ്റേതായിരിക്കുക അത് നടക്കുക ഏകമായ ആത്മാവിൽ നിന്ന് സ്വം കർമ്മമായിരിക്കുക പരം കർത്താവായിരിക്കുക അന്ന് നടക്കും വിരോധ ഇങ്ങനെയാണ് കർമ്മ കടത്തർ വിരോധം കൂടെ പല ഭാഗങ്ങളിലും വരും കർമ്മകർത്തൃവിനോധം ഒന്ന് തന്നെ കർത്താവായിരിക്കുക അത് തന്നെ കർമ്മമായിരിക്കുക അന്ന് നടക്കാൻ ചെല്ലാം അതുകൊണ്ട് എപ്പോഴും എന്തായാലും എല്ലാ ശാസ്ത്ര ചർച്ചകളിലും കർത്താവിനെ വേറെയിടക്കും കർമ്മത്തെ വേറെയിടക്കും